െ അവന്റെ അപ്പന് പകരം രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്ന് സോർ രാജാവായ ഹീരാം കേട്ടിട്ട് ഭൃത്യന്മാരെ അവന്റെ അടുക്കൽ അയച്ചു ഹീരാം എല്ലായ്പ്പോഴും ദാവീദിന്റെ സ്നേഹിതനായിരുന്നു ശലോമോൻ ഹീറാമിന്റെ അടുക്കൽ ആളയച്ച് പറയിച്ചത് എന്തെന്നാൽ എന്റെ അപ്പനായ ദാവിദിന്റെ ശത്രുക്കളെ യഹോവ അവന്റെ കാൽക്കീഴാക്കും വരെ ചുറ്റുമുള്ള യുദ്ധം ഹേതുവായി തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിവാൻ അവന് കഴിഞ്ഞില്ല എന്ന് നീ അറിയുന്നുവല്ലോ എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയോ വിഘ്നമോ ഇല്ല എന്റെ ദൈവമായ യഹോവ ചുറ്റും എനിക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു ആകയാൽ ഇദാ ഞാൻ നിനക്കു പകരം നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്ന നിന്റെ മകൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയുമെന്ന് ഈ ഹോവ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ ദൈവമായ ഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയുവാൻ ഞാൻ വിചാരിക്കുന്നു ആകയാൽ ലബാനോനിൽ നിന്ന് എനിക്കായി ദേവദാരുമരം മുറിപ്പാൻ കൽപ്പന കൊടുക്കണം എന്റെ വേലക്കാർ നിന്റെ വേലക്കാരോടുകൂടെ ഉണ്ടായിരിക്കും നിന്റെ വേലക്കാർക്കും നീ പറയുന്ന കൂലി ഞാൻ എത്തിച്ചു തരാം സീതോന്യരെ പോലെ മരം മുറിപ്പാൻ പരിചയമുള്ളവർ ഞങ്ങളുടെ ഇടയിൽ ആരുമില്ല എന്ന് നീ അറിയുന്നുവല്ലോ ഹീരാം ഷലോമോന്റെ വാക്കുകേട്ടപ്പോൾ ഈ മഹാജനത്തെ വാഴുവാൻ ദാവീദിന് ജ്ഞാനമുള്ള ഒരു മകനെ കൊടുത്ത യഹോവ ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു ഹീരാം ഷലോമോന്റെ അടുക്കൽ ആളയച്ച് പറയിച്ചത് എന്തെന്നാൽ നീ പറഞ്ഞയച്ച വസ്തുത ഞാൻ കേട്ടു ദേവദാരുവിന്റെയും സരളമരത്തിന്റെയും കാര്യത്തിൽ നീ ഇച്ഛിച്ചതൊക്കെയും ഞാൻ ചെയ്യാം എന്റെ വേലക്കാർ ലെബാനോനിൽ നിന്ന് കടലിലേക്ക് അവയെ ഇറക്കിയ ശേഷം ഞാൻ ചങ്ങാടം കെട്ടിച്ച് നീ പറയുന്ന സ്ഥലത്തേക്ക് കടൽ വഴിയായി എത്തിച്ച് കെട്ടഴിപ്പിച്ചു തരാ നീ ഏറ്റുവാങ്ങണം എന്നാൽ എന്റെ ഗ്രഹത്തിന് ആഹാരം എത്തിച്ചു കാര്യത്തിൽ നീ എന്റെ ഇഷ്ടവും നിവർത്തിക്കേണം അങ്ങനെ ഹീരാ ശലോമോന് ദേവദാരുവും സരളമരവും അവന്റെ ഇഷ്ടം പോലെയൊക്കെയും കൊടുത്തുപോന്നു ശലോമോൻ ഹീരാമിന്റെ ഗ്രഹത്തിലേക്ക് ആഹാരം വകയ്ക്ക് പറ ഗോതമ്പും ഇരുപതുപറ ഇടിച്ചെടുത്ത എണ്ണയും കൊടുത്തു ഇങ്ങനെ ശലോമോൻ ഹീരാമിന് ആണ്ടുതോറും കൊടുക്കും യഹോവ ശലോമോനോട് അരുവി ചെയ്തതുപോലെ അവന് ജ്ഞാനം നൽകി കീരാമും ശലോമോനും തമ്മിൽ സമാധാനമായിരുന്നു അവർ ഇരുവരും തമ്മിൽ ഉടമ്പടിയും ചെയ്തു ശലോമോൻ രാജാവ് ഇസ്രയേലിൽ നിന്നൊക്കെയും ഊഴിയവേലക്കാരെ വരിയിട്ടെടുത്തു ഊഴിയവേലക്കാർ മുപ്പതിനായിരം പേരായിരുന്നു അവനവരെ മാസം തോറും പതിനായിരം പേർ വീതം മാറി മാറി ോനിലേക്ക് അയച്ചു അവർ ഒരു മാസം ലബാനോനിലും രണ്ടു മാസം വീട്ടിലും അതോനീരാ ഊഴിയ വേലക്കാർക്ക് മേധാവി ആയിരുന്നു വേല ചെയ്യുന്ന ജനത്തെ ഭരിച്ച് വേല നടത്തുന്ന മൂവായിരത്തി മുന്നൂറ് പ്രധാന കാര്യക്കാരന്മാരൊഴികെ ഷലോമോന് എഴുപതിനായിരം ചുമട്ടുകാരും മലയിൽ എൺപതിനായിരം കല്ലുവെട്ടുകാരും ഉണ്ടായിരുന്നു ആലയത്തിനു ചെത്തിയ കല്ലുകൊണ്ട് അടിസ്ഥാനമിടുവാൻ അവർ രാജകൽപ്പനപ്രകാരം വിശേഷപ്പെട്ട വലിയ കല്ല് വെട്ടി ശലോമോന്റെ ശില്പികളും ഹീറാമിന്റെ ശില്പികളും ഗബാല്യരും ആലയപ്പണിക്കായി മരവും കല്ലും ശക്തി ഒരുക്കി